വക്തൃം തരം ജിസായികർഷണവബോധെ പുരുഷോ അവ ബോധ്യതയെന്ന് പൂർവത്തോട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അർത്ഥവും അക്ഷവും തന്നെ സന്നിധർഷമുണ്ടാകും എന്തുവരുന്ന ബോധമുണ്ടാവും അതുപോലെയാണ് വാക്യവും ശ്രവണേന്ദ്രവുമായിട്ട് സന്നിഹർഷം ഉണ്ടാവുമ്പോണ്ടാവുന്നു ബോധമുണ്ടാവും അപ്പോ വാക്യം ബോധത്തെ ഉണ്ടാക്കുന്നു പക്ഷേ ബോധത്തെ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ടാണ് വ്യത്യാസം കർമ്മകാണ്ട വാക്യങ്ങൾ അങ്ങനെയല്ല അവന് യാഗത്തെക്കുറിച്ച് ബോധം ഉണ്ടാക്കിക്കുന്നു സ്വർഗത്തെക്കുറിച്ച് ബോധം ഉണ്ടാക്കുന്നു പിന്നെ പ്രവർത്തിപ്പിക്കുന്നു അതിനാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത് ഇന്ദ്രിയവും വിഷയവുമായിട്ട് സന്നിഹർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ മനസ്സിലെന്തുണ്ടാകുന്നു ഇതിൻ്റെ വസ്തുവാണ് ഇത് പുസ്തകമാണെന്ന് ബോധമുണ്ടാകും പിന്നെ അവിടെ അവനൊന്നും പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല അതുകൊണ്ട് പ്രമാണവും വിഷയവുമായിട്ട് സന്നിധം ഉണ്ടാകുമ്പോൾ ബോധമുണ്ടാകും അങ്ങനെയാണ് ശബ്ദമെന്ന് പറയുന്നത് എന്താണ് പ്രമാണമാണ് അപ്പോൾ ആ ശബ്ദ പ്രമാണം അതിന് അർത്ഥമുണ്ട് അതിന് അതുകൊണ്ട് ആ ശബ്ദ പ്രമാണം ണവുമായിട്ട് ശ്രമീന്ദ്രവുമായിട്ട് സന്നിവേശം ഉണ്ടാകുമ്പോൾ അന്ധകരണത്തിൽ എന്താകുന്നു ബോധത്തെ ശബ്ദം ഈ ശബ്ദ പ്രമാണത്തിന്റെ ഒരു പ്രത്യേകതയാണ് കാണുക എന്ന് പറയുന്നിടത്ത് എന്താ സംഭവിക്കുന്നത് കണ്ണും വിഷയവുമായിട്ട് സന്നിവേശം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ ബോധം ഉണ്ടാവും ശബ്ദ പ്രമാണത്തെ സംഭവിക്കുന്നത് ഇതിന് ഇങ്ങോട്ടൊരു ഭാവനയിൽ ഒരുപാട് ചർച്ച ചെയ്യും ശബ്ദപ്രമാണമെന്ന് പറയുന്നത് നമ്മുടെ ശ്രവണേന്ദ്രിയുമായിട്ട് സന്നിഹം ഉണ്ടാവുകയാണ് അതൊരു പ്രമാണമാണ് പക്ഷേ അത് മനുഷ്യന്റെ ശരീരത്തിലിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ പോലെയുള്ള ഒരു പ്രമാണമല്ല അത് പുറമേയുള്ളൊരു പ്രമാണമാണ് പുറമെ ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് വന്ന് പതിക്കുകയാണ് അപ്പം ശ്രവണേന്ദ്രിയത്തിലത് പതിക്കുമ്പം മനസ്സെന്ത് ചെയ്യുന്നു ശബ്ദത്തിന്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു വെളിപ്പെടുത്തുന്നു മനസ്സിലായ ബോധം ഉണ്ടാവുന്നു അതാണ് ഇവിടെ പറയുന്നത് വക്താവ്യം ഏതാജിജ്ഞാസുദിഷ്ഠിത കിമപ്പി വക്തവ്യം ഒന്ന് പറയണം എന്താണ് യഥനന്തരം എന്തിനു ശേഷമാണ് ബ്രഹ്മജിജ്ഞാസ ഉദിഷ്ഠിത ഇവിടെ ഇപ്പൊ ഈ ബ്രഹ്മജിജ്ഞാസ പറയുന്നുണ്ടല്ലോ ചതുർലക്ഷണി ആ ഇരിക്കുന്ന വിശ്വാസത്ത് ബ്രഹ്മജിജ്ഞാസ പറയുന്നു അപ്പോ ഈ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത് അത് ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മവിചാരകർത്തം ചെയ്യണം എന്തിനു ശേഷമാണ് ബ്രഹ്മവിചാരം ചെയ്യേണ്ടത് അത് പറയണം പറയുന്നു ഉച്ച പറയാം നിത്യാനിത്യ വസ്തുവിവേക്കെ കുറിച്ചൊക്കെ ഭാമതിൽ വിശദമായി ചർച്ച ചെയ്യും സാമാന്യമായി മനസ്സിലാക്കുന്നത് നിത്യം എന്താണ് അനിത്യമാണെന്തെന്നുള്ള ആ വസ്തുവിവേകം വേണം പദാർത്ഥ വിവേകം വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് പൂർവകാന്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ സ്വർഗകാദികളെല്ലാം അനിത്യമാണ് ആ അവിടെ പറയുന്ന കർമ്മഫലങ്ങളെല്ലാം അനിത്യമാണെന്നുള്ള ബോധം വേണം പിന്നെ ഇവിടെ ഉത്തരകാണ്ഡത്തിൽ ഉപദേശിക്കുന്ന ആത്മാവ് ആത്മജ്ഞാനത്തിൻ്റെ ഫലമായി വരുന്ന മോക്ഷം ഇതൊക്കെ എന്താണ് നിത്യമാണ് ഈ അറിവ് വേണം അപ്പോൾ ഈ അറിവുണ്ടായാലും എന്തോ ഒരാൾ ഈ കർമ്മകാണ്ഡവെല്ലാം വിട്ടിട്ട് ഇവിടെ പറയുന്ന ബ്രഹ്മവിചാരത്തിന് തയ്യാറാകത്തുള്ള ഇത്രയറിവേണം ഇത്രയറിവ് പൂർണമായില്ലായതുകൊണ്ട് ഒന്ന് ഒന്നേ അറിയുന്നുള്ള കർമ്മഫലങ്ങളെല്ലാം അതിന് ലത്യമാണ് അപ്പൊ പിന്നെ അതറിയുമ്പം പിന്നെ അങ്ങോട്ട് പോകത്തില്ല പൂർവ്വകാന്ഡം വിട പിന്നെ ഉത്തരകാന്ഡത്തെ പ്രവേശിക്കണമെങ്കിൽ അതിനെന്തു വേണം അതിനെ കുറിച്ചുള്ള അനുബന്ധ ചതിഷ്ഠയം എന്ന് പറയുന്നത് എന്താണ് ശാസ്ത്രത്തിന്റെ അനുബന്ധ ചുഷ്ടം എന്തൊക്കെയാണ് അനുബന്ധചയം ഉം ഉം ഗ്രന്ഥപ്രവൃത്തി പ്രയോജക ജ്ഞാന വിഷയത്വം ഗ്രന്ഥപ്രവൃത്തിക്ക് ഒരു ഗ്രന്ഥത്തിൽ പ്രവർത്തിക്കുന്നതിന് പ്രയോജകമായിരിക്കുന്നു കാരണമായിരിക്കുന്ന ഞാനാജ്ഞാന വിഷയത്വം ഇപ്പോൾ ഒരു സാമാന്യജ്ഞാനം വേണം ഇപ്പം ബ്രഹ്മവിചാരത്തിനായി പോകുന്നവന് ഒരു സാമാന്യജ്ഞാനം വേണം എന്താണ് ബ്രഹ്മനിത്യമാണ് ബ്രഹ്മവിചാരം കൊണ്ട് കിട്ടുന്ന ഫലം എന്താണ് മോക്ഷം അത് നിത്യമാണ് ഇത്രയാരും വേണം അങ്ങനെ ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോയി അവനറിവിലൂടെ അവന് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു അതിൻ്റെ ഇപ്പം ഈ രണ്ടു കാര്യങ്ങളും എന്താണ് നിത്യാനിത്യ വസ്തു വേഗം പ്രാഥമികമായിട്ട് എങ്ങനെ ഉണ്ടാവും ഒരാൾക്ക് എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ഉണ്ടാകുന്നത് വേദാധ്യയനത്തിൽ തന്നെ ഉണ്ടാവും എന്തുകൊണ്ട് തന്റെ യഥായക കർമ്മജിത്തോ ലോകകക്ഷിയത്രി പുണ്യകർത്തവോ ലോകകക്ഷിയത് വേദം പറയുന്നു എങ്ങനെയാണോ ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് നേടുന്ന ഫലങ്ങളെല്ലാം നശിച്ചു പോകുന്നു അതുപോലെ പരലോകവും നശിക്കുന്നു ഇത്രയും അറിവിലെന്താണ് ഏതധ്യനം ചെയ്താൽ മതി പിന്നെ ബ്രഹ്മം നിത്യമാണോ സത്യജ്ഞാനം അനന്തം ബ്രഹ്മ ഹൃദയഗ്രന്തി ഇങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഒക്കെയുള്ള അറിവ് ഇങ്ങനെ വേദാധ്യയനം കൊണ്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് വേദാധ്യന ആനന്ദരന്തു സമാനം എന്ന് പറയും ഇത് സാധാരണ വേദാധ്യയനത്തിൽ നിന്ന് കിട്ടും പിന്നെ ഇതിന് വിശേഷമായിട്ടുള്ള അറിവ് അതാണ് ഇന്ന വിചാരത്തിലൂടെ ഇതിന് പിന്നെ സംശയങ്ങളും മറ്റും വരും അങ്ങനെ ശരിയാവും വേഗത്തിൽ പൂർവ്വകണ്ടത്തി ഒന്ന് പറഞ്ഞു ഉത്തരകണ്ടത്തി ഒന്ന് പറഞ്ഞു ഇതിലേതാണ് ശരി ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരുമ്പം വേണം അതൊരു പരിഹാരമായിട്ടാണ് ഇനി അങ്ങോട്ട് പറയുന്നത് അപാമ സോമ അമൃതാ ബബുവ എന്ന് തന്നെ പറയും അപാമ സോമ സോമത്തെ കുടിച്ചവർ അമൃത ബബുവ അവരൊക്കെ അമൃതത്വമുള്ളവരായി തീർന്നു എന്നുവെച്ചാ കർമ്മം ചെയ്യുന്നതാണ് ഈ സോമം കുടിക്കാന്ന് പറയും അപ്പൊ അങ്ങനെ വേദത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവർക്ക് പറഞ്ഞിരിക്കുന്ന എന്താണ് യഥായു കർമ്മ ക്ഷിയതേ അമൃത്രോ ലോകേ ഇവിടെ കർമ്മം കൊണ്ടുണ്ടാവുന്ന ഫലങ്ങളെല്ലാം നശിക്കുന്ന പോലെ അവിടെ എന്നിട്ട് വേറെ എന്താ പറയുക സ്വർഗലോകെ സ്വർഗലോകത്തെ കുറിച്ച് വളരെ കൃത്യമായി പറയണെന്താണ് എന്താണ് സ്വർഗലോകത്തെ കുറിച്ച് പറയുന്നത് സ്വർഗലോകിഞ്ചനാസ്തിർഗലോകത്തിൽ അല്പം പോലും ഉഭയതീർത്തായ് ദാഹികത്തില്ല ശോകാതികോ മോദലോക എല്ലാ ദുഃഖവും മാറി സ്വർഗ്ഗലോകത്തിൽ ആനന്ദിക്കണം കഴിയുമ്പോ എന്ത് വരും സ്വർഗത്തിന് ആഗ്രഹം ഉണ്ടാകും ഇത് പൂർവ്വകാന്ഡത്തിൽ പറയുന്നതാണ് എന്നാ ഉത്തരകാണ്ഡത്തിൽ എന്താ പറയുന്നത് ബ്രഹ്മത്തെ കുറിച്ച് പറയും ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് ും അറിവ് ഉണ്ടാവുന്നു അപ്പോ ഇതുകൊണ്ട് നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാവുന്നു അതാനിത്യമാണെന്നും നിത്യമാണെന്നുള്ള വിവേകം ഉണ്ടാകുന്നു അത് വേണം ഇതൊക്കെ വേദാധ്യയനം കൊണ്ടുണ്ടാവണം പിന്നെ ഇഹാമുത്ര അർത്ഥ ഭോഗ വിരാഗ ഈ ലോക ഇതൊക്കെ ഉണ്ടെങ്കിലും വിവേകമൊക്കെ ഉണ്ട് പക്ഷെ വൈരാഗ്യം കൂടിയേ തീരും എന്തിന് എന്തിനാണ് സന്യാസത്തിന് സന്യാസം കൂടിയേ തീരും പൈഹ അമുത്ര ഈ ലോകത്തിലും അമുത്ര പല ലോകത്തിലുള്ള അർത്ഥഭോഗങ്ങളിൽ അവിടെയുള്ള വൈരാഗ്യം ഉണ്ടാവും വൈരാഗ്യംന്ന് വെച്ചാൽ വിരകത രാഗമില്ലായ്മ അതിനോടൊന്നും ഇച്ഛയില്ലാതിരിക്കയില്ലാത്തവന് മാത്രമേ സന്യസിച്ചിട്ട് സന്യസ്യ ശ്രവണം കുരിയാവുന്നതാണ് സന്യസിച്ചിട്ട് വേണമെന്തു ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഇതൊക്കെ എന്നുവെച്ചാൽ ഇവിടെ പറയുന്ന വേദാന്ത വിചാരം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭിക്ഷുസൂത്രം ഭിക്ഷുക്കൾ അധ്യയനം ചെയ്യുന്നത് സന്യസിച്ചവരാണ് എന്ത് ചെയ്യുന്നത് അത് ശങ്കരാചാര്ക്ക് നിർബന്ധമുള്ള കാര്യമാണ് സന്യസിച്ചവരാണ് ഈ ബ്രഹ്മസൂത്രം അപ്പൊ സന്യസിച്ച് ബ്രഹ്മസൂത്രം ചെയ്യണോ വിചാരം ചെയ്യണോന്നുണ്ടെങ്കിൽ അവന് പൂർണമായ വിരാഗത ഉണ്ടായിരിക്കണം അപ്പൊ ഈ ലോകത്തിലുള്ള സുഖസൗകര്യങ്ങള് കാമിനി ഇതൊക്കെ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അവൻ ഗൃഹസ്ഥാശ്രമത്തിൽ പോകും ഗൃഹസ്ഥാശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ പഴയ രീതി വെച്ച് പറയണം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ബ്രഹ്മസൂത്രം വിചാരം ചെയ്യാൻ അവിടെ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യണം കർമ്മത്യാഗത്തെക്കുറിച്ച് അവിടെ പറയാൻ പറ്റില്ല ഇവിടെ വരുമ്പോൾ കർമ്മത്യാഗത്തെ കുറിച്ചു കർമ്മ തിരിച്ചേ പറ്റൂന്നാണ് ശങ്കരായ അഭിപ്രായം അല്ലാതെ ഈ ആൾക്കാർ പറയുന്ന പോലെ എന്താണ് ഭാര്യയും കുടുംബവുമായിട്ടൊക്കെ ഇരിക്കുക അതിൻ്റെ ഇടയ്ക്കൂടെ ബ്രഹ്മജ്ഞാനം ആൾക്കാരെയൊക്കെ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുക ഏ ഇതൊന്നും ശരിയാവില്ല എനിക്കിത് പറഞ്ഞപ്പോ ഒരു പഴയ സംഭവ ഓർമ്മ വരുകയാണ് ഇവിടെ ഞാൻ ആദ്യം വന്ന് ചേർന്നു ബ്രഹ്മവിദ്യാലയത്തിൽ ബ്രഹ്മ വിദ്യാലയത്തിൽ ആദ്യം ബ്രഹ്മവിദ്യാലയത്തില് നടത്തിയ ഒരു മീറ്റിംഗ് അന്ന് നിജാനന്ദ സ്വാമിയാണ് സംരക്ഷണാചാര്യ സംരക്ഷണാചാര്യ നിജാനന്ദസ്വാമി അപ്പൊ ബ്രഹ്മചാരിയുടെ മീറ്റിംഗ് അന്ന് നിജാനന്ദ സ്വാമി ഉണ്ട് മാധവാനന്ദ സ്വാമി ഉണ്ട് ഏതു മാധവാനന്ദ സ്വാമി മാധവാൻ സ്വാമിയോട് നല്ല ബോധമുള്ള മാധവാൻ സ്വാമി ഉണ്ടായിരുന്നു ഈ മാധവൻ സ്വാമിയെ കുറിച്ച് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതായിട്ട് പറയുന്നതാണ് മാധവൻ ഒരു തണ്ടാൻ മാത്രമല്ല ഒരു മണ്ടനും കൂടെ ആണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള മാധവാനസം വേറെ ഒരു മാധവാനുസം അത് കേട്ടിട്ടുണ്ടോ പഴയ മാധവൻ സ്വാമി എന്ന് പറയുന്ന ആറ്റിങ്ങൻ മാധവാനസം ആറ്റിങ്ങൻ മാധവാന സ്വാമി എന്ന് പറയുന്നത് വേദാന്തം വൈദ്യം ജ്യോതിഷം തർക്കം സംസ്കൃതസാഹിത്യം വളരെ ചെറിയ പ്രായത്തിലെ വലിയ വിദ്വാനായ ആളാണ് ആ മാധവൻ സ്വാമിയാണ് ശിവരിമഠം അന്നത്തെ കാലത്ത് ഗുരുദേശ വൈദ്യമൂടമൊക്കെ ഉണ്ടാക്കിയത് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പങ്ക് വഹിച്ചു ഞ്ചാമത്തെ വയസ്സിലാള് മരിച്ചു ഒരു നാപ്പത്തി അഞ്ചു വയസ്സു എങ്ങനെയാണ് മരിച്ചത് അഷ്ടമുടി കായലിന്റെ തീരത്ത് ഒരു മുണയ്ക്കൽ ക്ഷേത്രം ഉണ്ട് കേട്ടിട്ടുണ്ടോ ഉണ്ടാ മുണക്കൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സംബ്രാണിക്കോടിന്ന് കേട്ടിട്ടുണ്ടോ ഗുരുവിവരം ഇല്ലാത്ത ആൾക്കാർ ണികോടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാത്രി പോയി തൂങ്ങി മരിച്ചാണ് ഏ തൂങ്ങി എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനൊന്നുമ്പോ അദ്ദേഹപരിശ്രമം നടത്തി ആലുവായൽ ആറ്റില് ചാടി മരിക്കാൻ അത് വിജയിച്ചില്ല അതുകൊണ്ട് അവിടെ പോയി തൂങ്ങി മരിച്ചു ഏ എന്തെങ്കിലും പ്രശ്നമല്ല ഇദ്ദേഹത്തിന് മാറാത്ത ഒരു വൈദ്യുവേദന ഉണ്ടായിട്ടതാണ് ഗുരുവിനെ ഒന്ന് കാണുന്നത് വൈദ്യുവേദന മാറുന്നില്ല അങ്ങനെ ഗുരു എന്ത് ചെയ്തു റാവ് ബഹദൂർ കൃഷ്ണൻ ഡോക്ടർ എന്ന് പറയുന്ന അന്ന് പാലക്കാട് ഉണ്ടായിരുന്ന അന്നത്തെ അന്ന് ഡോക്ടർന്ന് പറഞ്ഞ ഇന്നത്തെ ആ അപ്പോ ഇന്നത്തെ പോലെയുള്ള വൈദ്യമൊന്നും ഇല്ല എന്നാലും അന്ന് മദ്രാസിൽ പോയൊരു ഡോക്ടർ പരീക്ഷ പാസ്സായി വരും അന്നത്തെ ൈദ്യമേ ഉള്ളൂ ഇന്നത്തെ ജനറൽ മെഡിസിൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പഠിച്ചുവന്ന അന്നത്തെ പ്രഗത്ഭനായ ഡോക്ടറാണ് ഗുരുവിനെ ചികിത്സിച്ചിട്ടില്ലേ ഗുരുവിനെയും ചികിത്സിച്ച ആളാണ് അങ്ങനെ ഗുരു എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഈ സംഭവം ഗുരു ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് പോയി ചികിത്സിക്കാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പോയി അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചികിത്സയില്ല എന്നുള്ള കാര്യം മനസ്സിലായി ചികിത്സിച്ച മാറിയില്ല മിക്കവാറും എന്തായിരിക്കും സംഗതി ക്യാൻസർ ആയിരിക്കും അന്ന് ഇതൊന്നും കണ്ടുപിടിക്കാനും ആയുർവേദത്തിൽ മരുന്നില്ല അന്ന് ഇംഗ്ലീഷ് ഡാക്ടറെ നിലവത് ഡോക്ടർ എന്നാണ് അവർക്കും അന്നത്തെ അത്രയൊക്കെ വൈദ്യശാസ്ത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി വൈദ്യശാസ്ത്രം എന്താ വികസിച്ചിട്ടുള്ളു അപ്പൊ നിരാശനായി അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹം എഴുന്നൂറ് പേരുള്ളവർ അദ്വൈത ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് വിവേകമാല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുള്ളു എഴുന്നൂറ് പദ്യങ്ങളുള്ള ഒരു ഗ്രന്ഥം എഴുതിയളാണ് പണ്ഡിതനായിരുന്നു എല്ലാ തരത്തിലും പ്രാപ്തിയും ശേഷിയൊക്കെ ഉള്ളത് അറിയത്തില്ല അദ്ദേഹം വലിയ എന്താണ് ആറ്റെങ്ങിനുള്ള ഒരു വളരെ പുരാതനമായ പ്രഗത്ഭമായ ഈഴവ കുടുംബത്തിൽ ജനിച്ച ആളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വന്നിതൊക്കെ എല്ലാ തരത്തിലും വളരെ യോഗ്യനായ പ്രഗത്ഭനായ ആള് പക്ഷേ ഈ വയറ്റുവേദന വന്നപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല ഓരോരു കാരണവുമില്ല ഇപ്പം ചെറിയ പ്രായത്തിൽ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സ് അദ്ദേഹം പോയി ഒരു ലക്ഷം ഇവിടെ വന്നപ്പോൾ ഡോക്ടറെ എടുത്ത് പോയപ്പോ എന്താണോ ഡോക്ടർ സർജറി ചെയ്യണോന്ന് പറഞ്ഞതൊക്കെ ആശ എഴുതിയിരിക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ ആശ എഴുതിട്ടുണ്ട് എവിടെ വിയോഗം അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് എഴുതിട്ടുണ്ട് വിശദമായിട്ടെല്ലാം എഴുതിയിട്ടുണ്ട് അപ്പോ രോഗത്തിൽ നിന്ന് മുക്തിയില്ല വേദന സഹിക്കാൻ വയ്യായിരുന്ന പിന്നെ മനുഷ്യന്തു ചെയ്തു അങ്ങനെ അപ്രതി സമാധിയ വ്യാധി പ്രതി സമാധാനം ഇല്ലാത്ത വ്യാധി ഒന്ന് ശാസ്ത്രം വിരിക്കുന്ന രീതി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു അല്ല അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആശനെ കുറിച്ച് കഴിഞ്ഞു എന്നാലും അത് ചെയ്ത് ശരിയായില്ല പക്ഷെ എന്തു ചെയ്യാം ആശനും അറിയാം ഇന്ന് വൃത്തി ഇല്ലാതെ ഒന്നായി തന്നെ ചെയ്യുന്നു ഇന്നാണെങ്കിൽ വല്ല മോർഫിനൊക്കെ കൊടുത്ത് കിടത്താ ഒന്നാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല ആ മാധവാൻ സ്വാമിയുടെ കാര്യമുണ്ട് അത് സന്ദർഭത്തിൽ വായിച്ചപ്പോൾ ഓർമ്മ എന്നുകൊണ്ട് പറഞ്ഞത് നമ്മുടെ മാധവാന് സ്വാമി നിജാന സ്വാമി എല്ലാം ആയിരിക്കുന്നു ബാലകൃഷ്ണൻ നായർ സാറ് അന്ന് പിന്നെ മാധവൻപിള്ള സാറ് ഇല്ല വേറൊരു സാറുണ്ടായിരുന്നു എന്റെ പേര് പറഞ്ഞു മൂന്നുപേരാണ് ശാസ്ത്ര സാറുണ്ട് ശാസ്ത്രീയ സാറിന് ഞാൻ വരുന്ന എന്റെ സാർ ഇവിടുന്ന് പോയ തൊട്ടടുത്താണ് ഞാൻ വരുന്നത് പിന്നെ സാർ വരുവായിരുന്നു പക്ഷെ സാറിന് ക്ലാസ് എടുത്തിട്ടില്ല അപ്പോ ഞാനങ്ങോട്ട് കയറി പ്രസംഗിച്ചെന്താണ് ഈ വയസ്സുകാലത്ത് എല്ലാം കഴിഞ്ഞ് കുടുംബവും അതും കേട്ട് വന്നിരുന്നു ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു പ്രയോജനവും വേണ്ട ഇതൊക്കെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇതിലൊക്കെ തിരിയേണ്ടാണ് സന്യാസം വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു അടിയടിച്ച് ആരാ കേട്ടോണ്ടിരിക്കുന്നു അയ സാർ സാറ് പി എന്തിനു പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വായിച്ചിട്ട് ഈ ബ്രഹ്മസൂത്രം വായിച്ചിട്ടാണ് മലയാളത്തിലുള്ള ബ്രഹ്മസൂത്രം എടുത്ത് വായിച്ചിട്ടാണ് ഞാനങ്ങ് തട്ടിവിട്ടത് പിന്നെ ഒരു തരത്തിലങ്ങനെ പറയാൻ പാടില്ല അവരൊക്കെ ഇരിക്കുമ്പോൾ പറയാൻ പാടില്ല കാരണം അത് അവർക്കൊക്കെ ഒരു ആക്ഷേപമായിട്ടല്ലേ തോന്നത്തുള്ളൂ അവരുമ്പോണ്ട് ഞാനൊരു സ്റ്റുഡന്റ് വേറെ ഇങ്ങനെ പറയുന്ന പറയുക എന്റെ ഒരു സ്വഭാവമാണ് അന്നുകൊണ്ട് ഇന്നും ഉണ്ട് ആ സ്വഭാവം എന്താണ് ശരി എന്തോ എന്നോ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ അവസാനം നിജാൻ സ്വാമി എന്നെ പിടിച്ചൊരു ഭയങ്കരമായ ഒരു വിരട്ടെന്ന് പറഞ്ഞത് എന്നാ ഇപ്പൊ ഇവിടെ പറഞ്ഞു വിടേണ്ടതാണ് ഇങ്ങനൊക്കെയാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയാണെന്തോ ശരിയാണെന്ന് ശരി പറയാമോ അങ്ങനെ ബ്രഹ്മസൂത്രത്തിൽ എഴുതിയിരിക്കും ബ്രഹ്മസൂത്രം അവരാരും വായിപ്പിച്ചില്ലേ പഠിച്ചിട്ടില്ല ബ്രഹ്മസൂത്രത്തിന് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് വേണമെങ്കിൽ നിജാന സ്വാമി എന്ന് ഭയങ്കരമായിട്ടങ് വരട്ടി ഞാനാകെ കുറച്ച് ഡിപ്രസ്ഡ് ആവുകയും ചെയ്തത് ഇങ്ങനെ ഉള്ള കാര്യം പറയാൻ എനിക്ക് പിന്നെ ചുഹയില്ല നോക്ക് പറ്റിയ സാറല്ലോ അന്ന് എനിക്ക് തോന്നുകയും ചെയ്തു പക്ഷെ സാറൊന്നും പറഞ്ഞത് ബാലകൃഷ്ണനായ സാറൊന്നും പറഞ്ഞില്ല മറ്റേ മാധവറിന് പഠിച്ചില്ല സാറിന് സാറും ഇതുപോലെയാണ് ഒന്നും നിയന്ത്രിക്കുന്ന ആളല്ല സാറിന് ദേഷ്യം വന്ന് അങ്ങനെ പറഞ്ഞത് അപ്പോ അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ഇഹാമുത്രാർത്ഥ ഭോഗവിലാഗം എന്ന് പറയുന്നത് സന്യാസത് സന്യാസം ഉണ്ടായാലെന്ത് പറ്റൂ ബ്രഹ്മവിഹാരം നടക്കും ഗ്രഹസ്ഥാശ്രമത്തിൽ പോയാൽ അത് വെറുതെ പറയുന്നില്ല ശങ്കരാചാര്യ ഗ്രഹസ്ഥാശ്രമത്തിൽ പോയാൽ കർമ്മം ചെയ്തേ പറ്റൂ ഗ്രഹസ്ഥാശ്രമം അതിനു വേണ്ടിട്ട് കർമ്മം എന്ന് ഇന്നത്തെ കർമ്മം ഉണ്ട് നമ്മൾ ബന്ധപ്പെടുത്തരുത് പഴയേ പറയുന്ന ഈ പ്രാകൃതന്മാരുടെ കർമ്മം ആദിവാസികളുടെ കർമ്മം അത് ചെയ്തേ പറ്റൂ അപ്പോ അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം ഈ വിരാഗം വേണം എന്നുവെച്ചാൽ സന്യസിച്ചു അപ്പൊ സന്യസിച്ചുകഴിഞ്ഞാൽ ബ്രഹ്മവിചാരം ചെയ്യാൻ പറ്റും ഇത് ശങ്കരാചാരം നിർബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ് കർമ്മങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ ഗ്രഹസ്ഥന് പറ്റത്തില്ല എന്നാ പറയുന്നത് ഞാൻ വന്ന വർഷമാണ് ചതുരുവാനന്ദ സന്യസിക്കുന്നു ചതുരുഭാന ആ വർഷമാണ് സന്യസിക്കുന്നത് സാധന സമ്പത്ത് ആറ്റിങ്ങലാണെന്ന് പറയാം അവനവഞ്ചേരി ശമതമാതി സാധന സമ്പത്തും വേണം ശമം എന്ന് പറഞ്ഞ എന്താണ് എന്നുവച്ചാൽ ഈ ശമം ദമോ എന്നൊക്കെ പറയുന്നത് സന്യാസത്തിന്റെ സന്യാസ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ പിന്നെ ശമം ദമം അങ്ങനെന്താണ് ഉപരിമിത സന്യാസം പിന്നെ ിദിക്ഷ അന്നത്തെ കാലത്ത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട് ഇന്നത്തെ പോലെ അല്ല എന്തുകൊണ്ടാണ് മനുഷ്യൻ സന്യാസിയായി പരിപ്രാജിതനായി സഞ്ചരിക്കുകയാണ് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചൂടും തണുപ്പും എല്ലാം സഹിക്കേണ്ടി വരും അപ്പൊ കൂടിയേ അത് സഹിച്ചുകൊണ്ട് വേണം എല്ലാം ചെയ്യാൻ പിന്നെ തീക്ഷ കഴിഞ്ഞെന്താണ് ശ്രദ്ധ വേണം എന്നുവെച്ചാൽ വിശ്വാസം കാരണം ഇയാള് കുടുംബമെല്ലാം ഒന്നുകിൽ ഗൃഹസ്ഥ ആശ്രമത്തിരുന്നുണ്ട് അത് ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അതിനു മുമ്പ് ഉപേക്ഷിക്കുന്നു അപ്പൊ ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് എന്താണ് വിശ്വാസം ഏ വിശ്വാസം ബ്രഹ്മജ്ഞാനം ഉണ്ടാകും മോക്ഷം നേടും എന്നുള്ള വിശ്വാസം ബ്രഹ്മം എന്ന് പറയുന്നുണ്ടെന്ന് വിശ്വസിക്കണം അതിന്റെ ജ്ഞാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ആ ജ്ഞാനം കൊണ്ട് മോക്ഷം വിശ്വസിക്കുന്നു വിശ്വസിക്കാതെ ഒരാളെങ്ങനെ ഇതിന് ഇറങ്ങും അപ്പോ സന്യാസം എന്നൊക്കെ ഇന്നത്തെ പോലെ അല്ല ഇന്ന് ഇതൊന്നും വിശ്വസിച്ചിട്ടല്ല ആൾക്കാർ സന്യാസത്തിന് ഇറങ്ങുന്നതാണോ ഇതിനെ ഒരു ബോധവില്ല കൊറേ പേരൊക്കെ സ്വാമിയാവുന്നു ഞാനും സ്വാമിയാവുന്നു അങ്ങന ഇല്ലെങ്കിൽ വിചാരിക്കുന്ന പിന്നെ അതൊന്നും നോക്കാം ഇന്ന് സന്യാസം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രൊഫഷനാണ് അത് തൊഴിലാണ് ബാക്കിയതും പോലെ അധികം അതിന് വേറെ ഒരു പശ്ചാത്തലം ഓരോരുത്തരും ഓരോ തൊഴിൽ രംഗത്ത് പോകുന്നു ചിലർ സന്യാസം എന്ന് പറയുന്ന തൊഴിൽ രംഗത്തിലേക്ക് വരുന്നു ചിലരത് അറിഞ്ഞുകൊണ്ട് വരുന്നു ചിലർ അറിയാതെ വരുന്നു ഇത്രയുള്ളൂ പണ്ടങ്ങനെ ആയിരുന്നില്ല പണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു ബ്രഹ്മമുണ്ട് ഉണ്ടെന്നറിഞ്ഞാലും പോലെ അത് ഈ പറയുന്ന പോലെ ശങ്കരായര് പറയുന്ന ബ്രഹ്മമായിരിക്കണം രാമാനുജം പറയുന്ന ബ്രഹ്മമാകാൻ പാടില്ല പിന്നെ അതിൻ്റെ ജ്ഞാനം അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിനൊന്നും വേദമൊക്കെ അധ്യയനം ചെയ്ത് അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശങ്കരായര് പറയുന്ന ഇത് കാര്യങ്ങളൊക്കെ നടക്കുന്ന ചാതുർ നടക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ജനാധിപത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസിലായോ പിന്നെ ആധിപത്യത്തില് ശങ്കരാചാര്യ പറഞ്ഞു ആ ചാതുപരണ്യം വിട്ടിട്ട് ഇന്ന് ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതേ പക്ഷേ ശങ്കരായ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോണമെന്നുണ്ടെങ്കിൽ എന്തുവേണം ചാതുപരണിയും വേണം അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരാള് ശങ്കരായ പറയുന്ന അനുസരിച്ച് വേദാധ്യയനം ചെയ്തതൊക്കെ ചെയ്ത് സന്യസിക്കുന്നത് ബ്രാഹ്മണനായിരുന്നു അപ്പം ബ്രാഹ്മണനാണെങ്കി അവന് സന്യാസിയായിട്ട് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും അവന് ബ്രാഹ്മണര് ഭക്ഷണവും മറ്റും കൊടുത്തോളൂ അവർക്കറിയാം ഇങ്ങനെ ഇറങ്ങുന്നവന് ഭക്ഷണം കൊടുക്കണം ജനാധിപത്യ വ്യവസ്ഥയിൽ ആ രീതിയിലൊന്നും നടക്കത്തില്ല പരിപ്രജനവും നടക്കത്തില്ല ഇന്നിപ്പോ എന്താണ് നമ്മള് സന്യാസിമാരൊക്കെ ഭക്ഷണവും കാശുമൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെ ഉം അങ്ങനെ ജനങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി ബന്ധങ്ങളുണ്ടാക്കിയെടുത്തിട്ട് പ്രസ്ഥാനങ്ങളുടെ പേരിലും മറ്റ് സംരംഭങ്ങളുടെ പേരിലും സ്റ്റാർട്ടപ്പുകൾ ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരാളൊരാശ്രമം തുടങ്ങാന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഏഹ് അവര് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുള്ളതം തുടങ്ങാന്ന് പറഞ്ഞു എന്നിട്ട് ജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നിട്ട് അവരിന്ന് കാശൊക്കെ സമ്പാദിക്കുക എന്നിട്ട് ജീവിക്കുക അതുകൊണ്ട് ഇതൊരു തൊഴിലാണ് ഒരു പ്രൊഫഷനാണ് പിന്നെ വേഷത്തിന് മാത്രം പഴയതുപോലെ എന്നാണ് ചിലർ ഉടുപ്പിടും ചിലർ ഉടുപ്പിടത്തില്ല ചിലർ കുട്ടി ഉടുപ്പിടും ഇങ്ങനെ പല വേഷങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലാതെ വേറെ പഴയ സന്യാസമായിട്ട് ഇതിന് പിന്നെ ഇതിനൊക്കെ വിശ്വസ് ചെയ്യാൻ വേണ്ടി കുറേയധികം മൂടന്മാർ ലോകത്തുണ്ട് യുവന്മാരും ഈ ലോകത്തുള്ളിടത്തോളം കാലം ഇവര് ഈ തൊഴിലൊക്കെ കൊണ്ട് ജീവിച്ചു പോവും ആരും ഇതൊക്കെ നിക്കുന്ന കൊറേ വെട്ടികൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് ഏഹ് അതെ അതെ ലക്ഷമൊന്നുമില്ല അവർക്കവിടെ ആവശ്യമൊക്കെ ലക്ഷക്കണക്കി സന്യാസിയൊന്നും ഒരു അയ്യായിരം പതിനായിരം പേരെ വന്നാൽ തന്നെ ഇവരങ്ങ് തട്ടിവിടും എന്താണ് ലക്ഷം അതൊക്കെ വാർത്തകളിലേ ഉള്ളൂ ലക്ഷം ഒന്നും സന്യാസിമാരെന്ന ഇപ്പം പണ്ട് പണ്ടെങ്കിൽ പണ്ടും കാണാൻ കുറവാണ് ഇവർ പറയും ഞങ്ങളുടെ കൂടെ ഈ പത്ത് ലക്ഷം പേരുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ് തള്ളിലാണ് അത് അങ്ങനെയൊന്നും ലക്ഷങ്ങളൊന്നും ഇപ്പോൾ സന്യാസിമാർ ഇവിടെ ഉള്ളത് ഹരിദ്വാർ പിന്നെ അവിടെ ഇവിടെ ആശ്രമങ്ങളിൽ അഞ്ചോ ആറോ പത്തോ പേരും ഇതൊക്കെ ഉണ്ട് കൂടി വന്ന ഒരു വൈദ്യപ്രതർ രാമകൃഷ്ണൻ ആയിരം പേരും ആണ് പിന്നെവിടെയായി രക്ഷക്കണകിരസിമാര് അങ്ങനെ അന്യാസിമാരൊന്നും ഇന്നും ഇല്ല വെറുതെ പറയുന്നതാണ് പിന്നെ കുംഭമേളക്ക് ഇത്ര ആളുകൂടെ എന്താ കാരണം പരസ്യം അതായത് കുംഭമേള തുടങ്ങുമ്പോ തന്നെ എല്ലാ ചാനലുകളിലും എല്ലാ മീഡിയകളും ഭയങ്കരമായ പരസ്യം കൊടുത്ത് അങ്ങനെ പരസ്യം കൊടുക്കുന്നു കൊടുത്ത് എന്താണ് ആൾക്കാരില് ഒരു മൂഢമായ വിശ്വാസം ഉണ്ടാക്കിയെടുത്ത് എന്താണ് അവിടെ പോയി കുളിച്ചാൽ എന്തോ ഫലം കിട്ടുമെന്നുള്ളൊരു മൂഢവിശ്വാസം പരസ്യത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത് ആ സോപ്പിന്റെയും കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റിന്റെ ഒക്കെ പോലെ ഉള്ളു അങ്ങനെ പരസ്യം കൊടുത്തി ആൾക്കാരെ കൂട്ടിയതിന് പ്രധാനമായ ലക്ഷ്യം എന്താണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഒരു രാഷ്ട്രീയമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് അത് ശെരിയോ തെറ്റോന്നല്ല ഞാൻ പറയുന്നത് അതിന്റെ പിന്നില്ലാതാണ് രാഷ്ട്രീയ ലക്ഷ്യം വച്ചുകൊണ്ട് വലിയ പരസ്യം കൊടുത്ത ആളുകളെയൊക്കെ ഇങ്ങനെ ഒരുമിപ്പിക്കുമ്പോൾ എന്തുപറയുന്നു അവർക്ക് ഇങ്ങനെ ഹൈന്ദവം ഹൈന്ദവം ഹിന്ദു എന്നു പറയുന്ന ഒരേ ഒരു ആശയത്തിലേക്ക് ആൾക്കാർ ഒരുമിപ്പിച്ചു കൊണ്ടുപോവുകയുള്ളു അതിന് ഇന്നത്തെ ഭരണ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചു കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അതിനൊരു സൗകര്യം വന്നാണ് കേന്ദ്രം ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതും എന്തേലും മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ ബിജെപിയായി അപ്പോൾ അവരുടെ ഹിന്ദു എന്നുപറയുന്നവരുടെ ആശയമാണ് അപ്പോൾ അവരുടെ രാഷ്ട്രീയം ഭാഗമായിട്ട് ചെയ്തതാണ് അത് ഒരു രാഷ്ട്രീയം എന്നുള്ളതൊക്കെ നമുക്കതിനെ വിമർശിക്കാൻ പറ്റില്ല കാരണം അവരുടെ രാഷ്ട്രീയമാണ് ബിജെപിയുടെ രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിലുള്ളത് അപ്പോൾ ആ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവർക്ക് അവകാശമുണ്ട് എന്തുകൊണ്ട് ഹിന്ദുവിന്റെ പേരിലാണ് ആ രാഷ്ട്രീയം അപ്പൊ ഹിന്ദുക്കളെ ഒരു രാഷ്ട്രീയത്തിന്റെ ആവശ്യമാണ് അതിന് കുംഭമേളയെന്ന് പറയുന്ന ഒരു പരിപാടി എന്നിപ്പോ ചെയ്തു അതിനെ അവർ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു നല്ല സമർത്ഥമായിട്ട് എന്നിട്ട് വലിയൊരു ഹിന്ദു ഏകീകരണം അവിടെ ഉണ്ടാക്കി ആ ഹിന്ദു ഏകീകരണം കൊണ്ടാണ് എന്തുവന്നത് ഇത്രയും കോടിക്കണക്കിന് അമ്പത് കോടി അറുപത് കോടി എന്നൊക്കെ പറയുന്ന തള്ളി അത്രയൊന്നും ഇല്ല വെറുതെ അങ്ങ് തള്ളി വിടുകയാണ് അത്രയൊന്നും വന്നിട്ട് പറയുകയല്ല ഈ പത്രത്തിൽ കാണുന്ന വാർത്തകളൊന്നും അതുപോലെ വിശ്വസിക്കരുത് അതൊക്കെ വെറുതെ ഇങ്ങനെ അടിച്ചുവിടുകയാണ് പക്ഷെ അവരുടെ രാഷ്ട്രീയ അജണ്ട വിജയിച്ചു എന്ത് ചെയ്തു കുംഭമേളയോടുകൂടി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം ഉണ്ടായി അത് ആ ഏകീകരണം മാറും രാഷ്ട്രീയമായ എന്താണ് നേട്ടമായി മാറും അതാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു രണ്ട് ശതമാനം വോട്ട് കൂടി അതിന്റെ പേരിൽ എന്ത് ചെയ്തു ബിജെപിക്കവിടെ അധികാരത്തിൽ വരാൻ പറ്റിന്ന് ഒരു കാരണം എന്താണ് ഈ കുംഭമേളയാണ് ഒരു കാരണം അപ്പോൾ അതടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതിന്റെ സ്വാധീനം തൊട്ടു വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതിന്റെ സ്വാധീനം വരും ബി ജെ പി ജയിക്കും അടുത്ത് ഉടമ്പരുന്ന നോർത്ത് ഇന്ത്യയിൽ ഇവിടെ ദക്ഷിണേന്ത്യയുടെ ഏക്കത്തില്ല നോർത്ത് ഇന്ത്യയിൽ ബിജെപിക്ക് ഗുണം ചെയ്യും അത് രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് ആ പാർട്ടിക്ക് അറിയാം അതിന്റെ നേതാക്കന്മാർക്ക് അറിയാം അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു ഒരു വലിയ ജനങ്ങളെ മനസ്സിൽ അവരെന്ത് ചെയ്യുന്നു മൂഢമായ ഒരു വിശ്വാസത്തെ കൊണ്ടുവരുന്നു എന്താണ് അവിടെ പോയി കുളിച്ചു കഴിഞ്ഞാൽ എന്തോ എന്താണ് വിളിക്കുന്നത് ആ അതിന്റെ ബുദ്ധി നോക്കണം ഡൽഹിയില് വോട്ടിന് അവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി അവർ പ്രധാനമായും ഉയർത്തിയ മുദ്രാവാക്യമാണ് യമുനയിലെ ജലം അശുദ്ധമാണ് അതില് അത് തൊടാനേ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാണ് അവിടെ ഭയങ്കര പ്രചാരണം നടത്തി ഇതാരെയും ഈ പാർട്ടിക്കാരെ എന്നിട്ട് എന്താണ് അതേ വെള്ളമാണ് ഇവിടെ വരുന്നത് ഈ കുളിക്കുന്നിടത്ത് കുളിക്കുന്നത് ആ യമുനയുടെ വെള്ളമാണ് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ അവരെന്താ പറയുന്നത് ഈ വെള്ളം എന്ന് പറയുന്നത് വളരെ പുണ്യമാണ് കുളിക്കാനും കൊള്ളാം കുടിക്കാനും കൊള്ള ജനങ്ങള് എത്ര വിഡ്ഢികളാണ് എത്ര എളുപ്പമാണ് ജനങ്ങളെ വെഡ്ഡികളാക്കാണ് ഏത് വെള്ളം മലിനോ എന്ന് പറഞ്ഞാണോ അവിടെ വോട്ട് പിടിച്ചത് അതേ വെള്ളത്തിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ജനങ്ങളെ മുഴുവൻ കുളിപ്പിക്കുന്നു അപ്പോൾ ജനങ്ങൾക്കും ഇത് ഇതിന്റെ ഇത് മനസ്സിലാകുന്ന അവരും വന്നിട്ട് ചെയ്യുന്നു എന്തോ ഒരു വിഭ്രാന്തി ജനങ്ങളെ വിഭ്രാന്തിയിലൂടെ നടത്തിക്ക എത്ര എളുപ്പമാണ് അപ്പോൾ ഒരു സാമൂഹ്യമായ ഒരു ഹിസ്റ്റീരിയെന്നു പറയുന്നു സോഷ്യൽ ഹിസ്റ്റീരിയാണ് സമൂഹത്തിന് അങ്ങനെ ഒരു രീതിയുണ്ട് ഇപ്പൊ ശബരിമല എന്തുകൊണ്ട് ആൾക്കാരെ എല്ലാ വർഷവും തള്ളിക്കയറുന്നു എന്തുകൊണ്ട് ആറ്റിങ്ങനെ എല്ലാ പെണ്ണുങ്ങളും പോകുന്നു ഇതൊക്കെ സോഷ്യൽ ഹിസ്റ്റീരിയാണ് കുറച്ചുപേരങ്ങനെ പോകുന്ന കാണുമ്പോൾ കുറെ പേർക്കും എന്തുവരും ഈ പ്രാന്തം എല്ലാ വഴിക്കും എവിടെയൊക്കെ ആള് കൂടുന്നുണ്ടോ അവിടെയൊക്കെ എന്താണ് വരുന്നത് സമൂഹത്തിന് ഇങ്ങനെ ഒരു ഹിസ്റ്റീരി ഇളക്കി വിടുക എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന കേരളത്തിൽ ഇരിക്കുന്ന നിരീശ്വരവാദിയൊക്കെ അവർ തോന്നുന്നു പിന്നെ കുംഭമേളക്ക് പോയെന്നോ കുളിച്ച എല്ലാരും പോകരുത് ഇവിടുന്ന് ആയിരക്കണക്കിന് ആൾക്കാർ തവണ പോയി എന്തുകൊണ്ട് ഹിസ്റ്റീരി ഇളക്കി വിട്ട് ഇത് ഉള്ളൂ കുംഭമേളി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇത്ര അതയ്ക്ക് വന്നുകൊണ്ട് അപ്പൊ അത് രാഷ്ട്രീയം അത് അവർക്ക് രാഷ്ട്രീയം അറിയാമെന്നുള്ളതുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നു അത് അത് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ രാഷ്ട്രീയമായ ശേഷി കഴിവും എന്ന് പറയാൻ പറ്റും അപ്പോ ശമതമാതിയിൽ ഇതൊക്കെ ശ്രദ്ധ പിന്നെ വരുന്നത് സമാധാനം അപ്പൊ വിശ്വാസം അത് കഴിഞ്ഞപ്പോഴാണ് കുംഭമേണേ പോയത് അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഇതിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യ എന്ത് ചെയ്യുന്നു ഈ കർമ്മങ്ങളും കാരഹസ്ഥയും എല്ലാം ഉപേക്ഷിച്ചിട്ടവൻ പരിപ്രായകനായി പോകുന്നു അവൻ ഇതൊക്കെ വിചാരം ചെയ്യുന്നു പിന്നെ വരുന്ന സമാധാനം മനസ്സിന് സമാധാനം കൂടെ വേണം സമാധാനം ഉണ്ടെങ്കിൽ എന്തോരോ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും വേണം എന്നാലേ സമാധാനമില്ലാത്തവർ വിചാരം ചെയ്യാൻ പറ്റും പിന്നെ മോക്ഷത്വം മോക്ഷ അതും വേണം ആ മോക്ഷ ഇച്ഛന്ന് പറയുന്ന പ്രത്യേകം എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത് കാരണം പൂർവ്വകാണ്ടത്തില്ല സ്വർഗ ഇച്ഛയാണ് അല്ലെങ്കിൽ ഇവിടെ പശുവും അതുപോലുള്ള സമ്പത്തിന്റെയൊക്കെ ഇച്ഛയാണുള്ളത് പക്ഷെ ഉത്തരകണ്ടത്തി വരുമ്പോൾ അതല്ല അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് അതിനെല്ലാം മറികടക്കുന്ന എന്ത് വേണം മോക്ഷ ഇച്ഛാ മോക്ഷ ഇച്ഛണ്ട് ഇതിനകത്തുള്ള പറഞ്ഞ പോരി ഭാഷയോട് ഞാൻ ഇപ്പൊ വായിച്ചിട്ടർത്ഥം പറഞ്ഞത് ഇല്ലാത്തോടെയൊക്കെ പറയുന്നു ഇതിനകത്തുള്ള കാര്യങ്ങളാ പറഞ്ഞത് ഇത്രയാണ് എരി പറയുന്നത് മനസിലായോ അത് വേറെ ഉപനിഷത്ത് കളി എന്താണ് ശ്രോത്രിയും ബ്രഹ്മ നിഷ്ഠം ഗുരുമേവ സമുപകനും പറയുന്നത് ഇവിടെ പറയുന്നില്ല അതാ സന്ദർഭത്തിലുള്ളത് നമ്മൾ പറഞ്ഞു ധർമ്മിജ്ഞാസായ ഊർധ്വഞ്ചേ ബ്രഹ്മജി തേശുവിസസ് ഇത്രയും ഉള്ളപ്പോ ഏത് നിത്യാനിത്യവസ്തുവേഗം ഗാമുത്രഫലഭവിരാഗം ഗാമുത്രാർത്ഥ ഫല ഭോഗം സമാധി സാധനസമ്പത്ത് മോക്ഷത്വം ഇത്രയും ഉള്ളപ്പോ ധർമ്മജിജ്ഞാസായ പ്രാഗവി ഊർധ്വഞ്ച ധർമ്മ ജിജ്ഞാസക്ക് മുമ്പ് എന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിന് ഊർധ്വഞ്ചെന്നുവെച്ച ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം രണ്ടായാലും കുഴപ്പമില്ല അതാണ് നേരത്തെ പറഞ്ഞ യഥാ ഹരേവ വിരജരേവ വിരജരൈവ പ്രഭുജ് അല്ലെങ്കിൽ ഗ്രഹാത്വ വനാത്വ ഗ്രഹസാശ്രമത്തിൽ നിന്നും ആകാം അല്ലെങ്കിൽ വനപ്രസത്തിണോ പ്രവരചനമാകാം സന്യാസം വന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്താണ് ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്ന് അവിടെ മുട്ടയടിച്ച് മെമ്പർഷിപ്പ് ആകുന്നതിന്റെ സന്യാസം ഇവിടെ ഇവിടുത്തെ വിന്യാസം എന്ന് പറയുന്നത് എന്താണ് പരിഭ്രജനം പരിഭ്രജനോ പഴയകാലത്തെയാ നടക്കും ഇന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ ഉള്ളപ്പോ ബ്രഹ്മജിജ്ഞാസായ പ്രാഗ് ധർമ്മ ജിജ്ഞാസക്ക് മുമ്പ് എന്ന് വെച്ചാൽ ബ്രഹ്മചര്യത്തിൽ വെച്ച് തന്നെ ഊർധ്വഞ്ച ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ച ശക്തി ബ്രഹ്മ ജിജ്ഞാസിത ജ്ഞാദ ബ്രഹ്മത്തെ കുറിച്ച് വിചാരം ചെയ്യുന്നതിനും പിന്നെ അറിയുന്നതിനും എല്ലാം കഴിയും വിപരീ എന്ന് പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ യോഗ്യതകൾ ഇല്ലെങ്കിൽ നടക്കില്ല ഏത് നിത്യാനിത്യ വസ്തുവേകം തുടങ്ങിയ ന എന്ന് വെച്ചാ ഈ യോഗ്യതകളില്ലെങ്കിൽ നടക്കില്ല അപ്പോ ഈ യോഗ്യത അതാണ് പലരും പറയുന്നത് ഇന്നത്തെ ശൂദ്രസ്വാമിമാർ ഇവിടെ കൃത്യമായി പറഞ്ഞ് ഇത്രയും യോഗ്യതകളുണ്ടെങ്കിൽ ഒരാൾക്ക് ബ്രഹ്മവിചാരം ചെയ്യാം ഇത്തരം ഇതില്ലെങ്കിൽ ഒരാൾക്ക് യോഗ്യതയില്ലെങ്കിൽ ബ്രഹ്മവിചാരം ചെയ്യാൻ കഴിയില്ല അപ്പൊ യോഗ്യതയാണ് മുഖ്യം യോഗ്യതയുള്ളവർക്കെല്ലാം ബ്രഹ്മവിചാരം ചെയ്യുക എന്നാണല്ലോ പറയുന്നത് എന്ന് ശൂദ്രന്മാര് പറഞ്ഞാൽ അത് വേദാധ്യന ആനന്ദിരന്ത് സമാനം അവിടെ കിടക്കുന്നു അത് പറഞ്ഞിട്ടാ ഇത് പറയുന്നു അപ്പൊ വേദാധ്യനം ചെയ്യാനുള്ള യോഗ്യത ഉള്ളവനെ ഇത് പറ്റും അല്ലാത്തവനും പറ്റത്തില്ല അതിൽ തന്നെ സന്യാസത്തിന് ആരായിരിക്കണം പറയുന്നത് ശങ്കരഭാഷയിലും നമ്മൾ വായിക്കുന്നു അപ്പൊ ശങ്കരാചാര്യ പറയുന്നു എന്നറിയുന്നു ശങ്കരാചാര്യ നിർബന്ധമുള്ള കാര്യമാണ്